ശ്രീഹരി പരമാനന്തപാരമീശ്വരം ഞംംം സർവോകം ഭജങ്ങ ശങ്കരം ശങ്കചാര്യ പശ്യം പാദരാണ സൂത്ര പശ്യ ഋതൗ വന്ദേ ഭഗവുനഃ സദാശിവസമാരംഭം ശങ്കചാര്യമസ്മദാചാര്യപര്യതം വന്ദേ ഗുരുപരംപരാം Life, God, ം കല്യാണം തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുദാനന്ത ഗുരു നമ്മൾ കോശ വിഭജന പ്രക്രിയയോട് അർബുദ രോഗത്തെ ബന്ധിപ്പിക്കുവാനുള്ള ശ്രമത്തില പഠിച്ചു ഇപ്പൊ ബഹു കോശ ജീവിയായ മനുഷ്യൻ്റെ ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എണ്ണമറ്റം ആ മനുഷ്യന്റെ എണ്ണമറ്റ ജൈവ ഉത്തരം നൽകുന്നതിൽ കോശങ്ങളും കോശാന്തര സ്വഭാവങ്ങളും ശ്രദ്ധേയമാണ് അതുകൊണ്ട് പഠിക്കുമ്പോൾ കോശത്തെയും കോശാന്തര സ്വഭാവത്തെയും കുറിച്ച് പഠിക്കുന്നത് ഉചിതമാണ് അതുപോലെ കോശവിഭജന പ്രക്രിയയുടെ നിശ്ചിന്തനങ്ങളും അർഹുതം തുടങ്ങിയ പരിണാമങ്ങളും ശരിയായി അറിയുന്നതിന് കോശ പഠനങ്ങളും കോശവിഭജനങ്ങളും സഹായകമാണ് അർബുദം ഈ നിലയിലാണ് പഠിക്കേണ്ടതെന്ന് പഠനീയമായൊരു തലമുണ്ട് ഒരു ഓരോ കോശത്തിനും വളർച്ചയ്ക്ക് സഹായകങ്ങളായ അറിവ് അതിനുള്ള മസ്തിഷ്കം അതിൽ തന്നെ നിഹിതമായിരിക്കുന്നു ഓരോ കോശവും എടുത്താൽ അത് എന്തെല്ലാം ഭാവതലങ്ങളെ ഉൽപ്പന്നമാക്കണം എന്നുള്ള അറിവ് കോശങ്ങളിൽ സംഭൃതമാണ് അവിടെയാണ് ഈ പഠനം ശ്രദ്ധേയമാകുന്നത് അങ്ങനെയാണെങ്കിൽ അന്തർനിഷ്ഠമായ ഈ സ്വഭാവ സവിശേഷതയിലേക്ക് ഒരു കോശത്തിൽ അന്തർനിഹിതമായിരിക്കുന്ന ഈ അറിവിലേക്ക് ആദ്യമുണ്ടായ സൈകോട്ട് മുതൽ അവാന്തരപരിണാമങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലും ആ കോശത്തിൽ പരിണാമ പ്രക്രിയ സൂക്ഷ്മമായിരുന്നു കൊണ്ടാണ് വളർച്ചയും വികാസവും എല്ലാം ഉണ്ടാവുക അസ്ഥി ജായതെ വർദ്ധത വിപരിണാമതേ അപക്ഷീയതെ വിനശ്യതീയെന്ന ആറ് പരിണാമങ്ങൾ ഒരു കോശം ഉണ്ടായാൽ മാതൃജവും പിതൃജവുമായ അണ്ടവും ബീജവും സംയോജിച്ച് ഒരു കോശം മാത്രമുള്ള ജീവിയായി തീർന്നു കഴിഞ്ഞാൽ യുണി സെല്ലുലർ ഓർഗാനിസം നോണാസ് സൈക്കോട്ട് അവിടെ നിന്ന് പരിണാമങ്ങൾ ആ പരിണാമം നമുക്ക് ഡീറ്റെയിൽ പുറകെ പഠിക്കാം ഓരോ കോശവും രണ്ട് പുത്രികാ കോശങ്ങളായി രജിക്കുമ്പോൾ ഡോക്ടർ സെൽസ് അതിലൊന്ന് സ്റ്റെംസെല്ലായും ഒന്ന് എൻ സെല്ലായും രൂപാന്തരപ്പെടുമ്പോൾ ഒന്ന് പരിണാമം ഒന്ന് വീണ്ടും പരിണമിക്കുന്നു വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതുമായി പരിണമിക്കുമ്പോൾ അതിൻ്റെ ഗണിതയുക്തികളും പഠിച്ചിരിക്കുന്നത് നല്ലതാണ് നമുക്ക് പിന്നെ പഠിക്കാം അപ്പം വേണ്ട എക്സ്പോണൻഷ്യൽ സീരീസിലും സീരീസില് മാത്തമെറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും ഓർമ്മയില്ല വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി തലത്തില് പോകുന്ന അരിത്തമറ്റിക് സീരീസ് ക്ലാസ്സിൽ ഇരുന്നോ അല്ലേ പഠിച്ചതൊന്നും ഓർമ്മയില്ല ഏല്ല െങ്കിലും മാത്രം കോശത്തിന്റെ അമ്മാതിരി വിഭജനം അതിന് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പൊ ആ കോശ വിഭജനങ്ങൾ വരുമ്പോ ആ കോശത്തിലാണ് വിഭജിക്കാനുള്ള അറിവരിക്കുന്നത് അത് ഏതേത് കോശങ്ങൾ നവ്യ കോശങ്ങൾക്കിടം നൽകാത്ത നിത്യനൂതനങ്ങളായ സ്ഥലത്തിൽ മരണമില്ലാത്ത കോശങ്ങൾ അങ്ങനെ കുറെ വിഭജനമില്ലാത്ത പുനർജനി നേടുന്ന കോശങ്ങൾ അങ്ങനെ ഒരുപാട് വകളുണ്ട് അഞ്ചു ദിവസം കൊണ്ട് പൂർണമായി മരിച്ചു പുതുതാകുന്ന പുതിതുണ്ടാവേണ്ടുന്ന കോശങ്ങൾ ലിബർക്കനൊക്കെ ആ ആ പട്ടി ലിബർക്കൻ എന്നൊരു കോശമുണ്ട് അതുകൊണ്ട് പഴയ വിഷഗുരന്മാർ ഓർമ്മ വരാൻ ഇന്നത്തെ പോലെ ഡയാലിസിൻ്റെ ഉപകരണങ്ങളൊന്നും വന്നില്ല അവർ കാലിൽ നീരൊക്കെ കണ്ടു കിഡ്നി തകരാറാണെന്ന് കണ്ടാൽ അവരാദ്യം ചെയ്യുക കിഡ്നിയെ വിശ്രമിപ്പിക്കുകയാണ് ഇല്ല ഡോക്ടർമാരുണ്ടാകുന്നതിന് മുമ്പ് അമ്മമാർ ചെയ്തിരുന്നത് അതാണ് സാധാരണ നാട്ടും അമ്മമാർക്ക് ലിബർക്കെന്നുള്ള വേരോ കോശങ്ങളോ ഒന്നും അറിയില്ലെങ്കിലും ഒരു കാര്യം അറിയാം ചെറുകുടൽ ഒരു വിസർജന അവയവം കൂടിയാണ് ആഗിരണ അവയവം പോലെ ചെറുകുടലിൽ ഒട്ടേറെ പദാർത്ഥങ്ങളെ അവിടെ വെച്ച് ആകിരണം ചെയ്യുന്നുണ്ട് എന്ന നാളെ ഇവിടെ ഡിയോഡിനം വരെ ഗ്രഹണി വരെ ആയുർവേദം ഗ്രഹണി എന്ന് പറയും ഡിയോഡിനം അവിടം വരെ ആഗിരണ അവയവം കൂടിയാണ് വില്ലിക്രിനിൻ ഡിയോക്രിനിൻ ഇങ്ങനെ ഒരുപാട് രസങ്ങളെയൊക്കെ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരുപാട് തരം കൊളസ്ട്രോളുകളും നിറമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളും ഗന്ധമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളുമൊക്കെ ഈ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മനോഹരമായ ഏത്തപ്പഴവും നല്ല പൂവമ്പഴവും സുഗന്ധമുള്ള ലട്ടുവൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ദുർഗന്ധമായി പുറത്തു ശ്രദ്ധിച്ചിട്ടില്ല ഒരു പിടി പദാർത്ഥങ്ങളാണ് ഈ ശരീരം ഉത്പാദിപ്പിക്കുന്നത് ഒന്നിറങ്ങുകൊടുക്കുന്ന പദാർത്ഥങ്ങൾ അപ്പം ഇവയെല്ലാം വിസർജിക്കുന്നുണ്ട് അതൊക്കെ ഈ ശരീരത്തിൽ നിന്ന് തന്നെയാണ് മാത്രമല്ല ഇതിൽ ഏതാണ്ട് ഇരുപതോളം പ്രാവശ്യം പുറത്തെത്തി വീണ്ടും ആകിരണം ചെയ്ത് പുറത്തെത്തി പോകുന്നൊരു സൈക്കിൾ തന്നെയുണ്ട് ഇതൊക്കെ വച്ചാണ് ആയുർവേദത്തിലെ പഞ്ചകർമ്മ എന്ന സിദ്ധാന്തം തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അറിഞ്ഞാണോ അതിന് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല അറിഞ്ഞായിരിക്കുമോ എന്നുള്ള വിഷപൂരന്മാർ അതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കർമ്മം ചെയ്യുന്നവർ ചെയ്യുന്നത് എന്നിങ്ങോട്ട് ചോദിക്കരുത് അതിനുത്തരം പറയാൻ എനിക്കാവില്ല ഇത് കേട്ടിട്ട് അപ്പൊ വിസർജന അവയോ അത് വിസർജിക്കുന്നത് അവിടെ അല്ല നിർദ്ദേശം സ്വീകരിക്കുന്നത് അത് ഡെഫിക്കേറ്റിംഗ് സെന്ററിൽ നിന്നാണ് വിസർജന കേന്ദ്രത്തിൽ നിന്നാണ് അത് ഹൈപ്പോതലാമസിനടുത്തായിരിക്കുന്നു അവിടെ നിന്നാണ് ഇപ്പൊ ഛർദിക്കുവാനുള്ള നിർദ്ദേശം കിട്ടുന്ന വോമിറ്റിംഗ് സെന്ററിൽ നിന്നാണ് അത് ഹൈപ്പോതലാമസിനടുത്താണ് കേന്ദ്രമൊക്കെ എവിടെയാണ് അപ്പൊ ഇത് വിസർജിക്കുകയാണോ ആ സമയത്ത് വേണ്ടത് സ്വീകരിക്കുകയാണോ വേണ്ടത് ഒക്കെ തരാതരത്തിൽ തെരഞ്ഞെടുക്കുന്നത് മുകളിലാണ് ഈ കോശങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്നത് അപ്പോ ലിബർകൻ പോലുള്ള കോശങ്ങൾ അഞ്ചു ദിവസം കൊണ്ട് മാറി മറിയും അത് വന്നപ്പോഴത് പറയേണ്ടി വന്നത് രണ്ട് ലയിക്കുന്ന അണുപരിമാണത്തിലും സൂക്ഷ്മമായ വസ്തുക്കളെ മാത്രമാണ് കിഡ്നി അലിച്ചു കളയുക കൊഞ്ച് സൈസ് മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മനസ്സിലാവില്ലെങ്കിൽ എന്നാല് ചെറുകുടലിന് അതിനേക്കാൾ വലുത് വലിച്ചു കളയാൻ കഴിയും അതുകൊണ്ട് പഴയ ആളുകൾ ഇവന്റെ കിഡ്നിക്ക് തകരാറുണ്ട് കണ്ടാൽ അവിടെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ളൊരു സന്ദേശം കിട്ടത്തക്ക വിധത്തില് സുക്കിണ്ട് പാല് കാച്ചി അതിൽ ആവണക്കിണ്ണ ചേർത്തുകൊടുക്കും ശുദ്ധമായ അപ്പൊ മൂത്രമായും പോകേണ്ടതൊക്കെ മരത്തിൽ പോകും അതിൽ യൂറിയയും ക്രിയാറ്റിനും ഒക്കെ പോകും കുറെ ആ കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വയറുകളിളക്കുമ്പോൾ കുറച്ച് വെള്ളവും കൊടുത്ത് വയറിളക്കി വിട്ടാൽ ഒരു പത്തിരുപത് പ്രാവശ്യം വയറിളകിപ്പോയി കഴിയുമ്പോൾ യൂറിയയുടെയും ക്രിയാത്തിൻ്റെ ഒക്കെ ലെവൽ തൽക്കാലം ഒന്ന് താഴും നീരുകളൊക്കെ കുറയും അത് സ്നേഹസ്വേദനാദികളോട് കൂടിയാണെങ്കിൽ ആ പ്രക്രിയക്ക് പറയും അങ്ങനെയൊന്നും അല്ല വീടുകളിൽ ചെയ്യുന്നത് അമ്മമാർക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മമാർ ചിമ്മാൻ കൊടുത്ത് കളയുക മതിയത് അത് പക്ഷെ അറിയാവുന്ന ഒരു വിഷക്കുറയും ചെയ്യുകയാണെങ്കിൽ സ്നേഹനം സ്വേദനം ഒക്കെ ചെയ്തിട്ട് ചെയ്യണം അഭ്യംഗം സ്നേഹനം സ്വേദനം അത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് വമനം കഴിഞ്ഞുള്ള വിവേചനം അങ്ങനെ ആ വിരേചന പ്രക്രിയ കൃത്യമായി ചെയ്താൽ കിഡ്നി അവിടെ വിശ്രമിക്കും ഈ മാലിന്യമൊക്കെ പോയി കിട്ടുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോൾ കിഡ്നി പ്രവർത്തനം ഏറ്റെടുക്കും വിശ്രമം കഴിഞ്ഞ് അപ്പം മാറ്റി വയ്ക്കുമൊന്നും വേണ്ടി വരില്ല ഈ ഉപകരണങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നതിനുമുമ്പ് ഈ സ്പെഷ്യലിസ്റ്റുകളൊക്കെ രൂപാന്തരപ്പെടുന്നതിനു മുമ്പ് ഇത്രയധികം പേർ ഇങ്ങനെ മരിച്ചു പോയിട്ടുണ്ടോ എന്ന് ഓർമ്മയിലൂടെ ഒരു സ്ഥിതി വിരക്കണക്കെടുത്തു നോക്കിയാൽ മതി ആവണത്തിലാണ് ശുദ്ധമായ ആവണമൊക്കെ കസ്ട്രോളിലെ കുറച്ച് ഏതാ പയറിടക്കാൻ ഏറ്റവും എളുപ്പമുള്ള സാധനങ്ങളിലൊന്നാണ് വിവേചന ക്രിയയിൽ വരെ പേരടക്കുന്നത് കൊണ്ടല്ല ഈ കേസ് വിരേചനക്രിയയിൽ അതിനെ പറ്റിയ കൽപ്പങ്ങളൊക്കെ ഉണ്ടാക്കണം ധാമാർഗോ കൽപ്പം അങ്ങനെ കൽപ്പങ്ങളൊക്കെ ഉണ്ട് അവയുണ്ടാക്കിയിട്ട് അവയാണ് കൊടുക്കേണ്ടത് പിന്നെ കുടജ കൽപ്പം അങ്ങനെ കൽപ്പങ്ങളുണ്ട് ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയാണ് അതിൽ ഏറ്റവും നല്ലത് അപകടം ഏറ്റവും കുറഞ്ഞത് രാജവൃക്ഷത്തിൻ്റെയാണ് രാജവൃക്ഷം എന്ന് പറഞ്ഞാൽ കണിക്കൊന്നാണ് കനിക്കുന്നയുടെ കായ അതിൻ്റെ ഫലമെടുത്തിട്ട് ശരിയാക്കുന്നൊരു കൽപ്പമുണ്ട് അതാണ് നല്ലത് ഉത്തമതാണ് പലരും കൊടുക്കാറുണ്ട് അല്ലല്ലോ അവയുടെ സമയത്ത് അവഴിയില്ല ആപദ്ധർമ്മത്തിൽ ഛർദ്ദിപ്പിക്കുന്നതും വയറിളക്കുന്നതും സ്നേഹനാദികളോടുകൂടി പോലും വേണമെന്നില്ല അഭ്യങ്ക സ്നേഹനാദികളോട് കൂടിയാണെങ്കിൽ എല്ലാ മാലിന്യവും വലിച്ചുകൊണ്ടുവരുമെന്നുള്ളതാണ് മെച്ചം വെളുത്തേടൻ തുണി അലക്കുന്ന പോലെ എന്നാണ് പറയാവുന്ന ഒരു ഉപമ ആ ഉപമ എത്ര യോജിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സാധാരണഗതിയിൽ കാരവെള്ളത്തിൽ മുക്കി തുണി വെയിലത്തു വയ്ക്കും കണ്ടിട്ടുണ്ടാവില്ല ഒരു പാത്രം നിറച്ച് കാരവെള്ളം ഉണ്ടാക്കും എന്നിട്ട് അമ്മ ഈ തുണി മുക്കിയിട്ട് വില തുക്കും അത് ഉണങ്ങാൻ സമ്മതിക്കാൽ ഉണങ്ങിയാൽ പൊടിഞ്ഞു പോകും കാരണം അതിൻ്റെ ചൂട് കാരണം അതിൻ്റെ വെള്ളം വലിയ സംഭവിക്കുള്ളൂ വെള്ളം വലിഞ്ഞാൽ വീണ്ടും മുക്കിയിട്ട് വില തുക്കും കണ്ടിട്ടുണ്ടല്ല കണ്ടിട്ടില്ല ആ പണ്ട് വീടുകളിലൊക്കെ ചെയ്യും അങ്ങനെ മുക്കിയിട്ട് വെക്കും അങ്ങനെ വെയിലത്തിട്ട് വെയിലത്തിട്ട് വെയിലത്തിട്ട് ഒരു ദിവസം ഇങ്ങനെ വെയിലത്തിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എടുക്കും ചിലര് ചാണക വെള്ളത്തിലും മുക്കും അപ്പൊ കൂടലും ചാണകവെള്ളത്തിൽ മുക്കിയാൽ കൂടുതൽ വിളിക്കും കറകളെല്ലാം പോകും അപ്പോൾ ഈ മുക്കി ഈ സാധനം ഒരു ഇങ്ങനെ ഇങ്ങനെ ഓട്ടത്തിൽ ചുറ്റി വെച്ചിട്ട് ഒരു കിഴി കെട്ടും നന്നായിട്ട് കെട്ടിയിട്ട് ആവി അടിക്കും സ്റ്റീമടിക്കും സ്റ്റീമടിച്ചിട്ട് തല്ലി അലകുമ്പോൾ ഇതിൻ്റെ കറ മുഴുവോ ഇതിൻ്റെ ചെളി മുഴമോ അങ്ങനെ കോശ കോശാന്തരങ്ങളിൽ കടന്നു മാലിന്യങ്ങളുണ്ട് ഈ കോശകോശാന്തരങ്ങളിലെ മാലിന്യങ്ങളെ ആദ്യം സോപ്പ് അല്ലെങ്കിൽ അതുപോലുള്ള സാധനം പോലുള്ള എണ്ണ അത് ശരീരത്ത് മുഴുവൻ പരട്ടി കഴിയുമ്പോൾ അത് നാല് ആയിരം എന്ന കണക്കിന് കൈവിരികളായി ദ്വാരങ്ങളാണ് രോമകൂപങ്ങളിലേക്ക് തുറക്കുന്നത് അതിൽ കൂടെയാണ് ഈ ബ്രഹ്മാണ്ടവുമായി നാം ബന്ധപ്പെടുന്നത് ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും തമ്മിലുള്ള ബന്ധത്തിന്റെ വാതായനങ്ങളാണ് തൊക്കിലുള്ള ഈ ദ്വാരങ്ങളെല്ലാം അപ്പോ അതിനകത്തുകൂടെ ഈ എണ്ണ അയോണീകരിച്ചകത്ത് അയോണീകരിക്കുക എന്ന് പറഞ്ഞാൽ അഭ്യംഗത്തിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ആ എണ്ണയ്ക്കൊരു അയോണീകരണം സംഭവിക്കും കയ്യുമായിട്ടുള്ള മൂവ്മെന്റ് കൊണ്ട് അയോണീകരണം സംഭവിക്കുമ്പോൾ വൈദ്യുത സർജനങ്ങൾ ആൽഫയിലും ബിറ്റയിലും എല്ലാം മസ്തിഷ്കത്തിൽ ഉണ്ടാവും കൃത്യമായി പറഞ്ഞാൽ ഇതൊക്കെ എലക്ട്രോ എൻസെഫാലോഗ്രാഫ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഇന്ന് നോക്കുകയും ചെയ്യാം ഇന്നും തർക്കിച്ച സമയം കളയേണ്ട സാരം ആധുനികനെ ഉപകരണങ്ങളും കൂടെ അതുകൊണ്ട് ആധുനികനെ പരീക്ഷിച്ചു നോക്കാം അപ്പോൾ ഈ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ദേഹത്ത് അമ്മ പാളയിൽ കിടത്തി എണ്ണ തേക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന സർജനങ്ങൾ തൊക്കിലെ എക്സോഡമും മസ്തിഷ്കത്തിന്റെ കോശങ്ങളും ഒന്നായതുകൊണ്ട് സംഭവിക്കുന്നതാണ് അതിൽ കുട്ടിക്കാലത്ത് കുട്ടിയെ തേപ്പിക്കുന്ന ഭൂതവൃക്ഷാദി എണ്ണ തേപ്പിച്ച് ചലിപ്പിക്കുമ്പോൾ കുഞ്ഞിന് വരാവുന്ന അവസ്മാരാദി രോഗങ്ങൾ പെറ്റിറ്റ് മാൽ മുതലായവ പെട്ടെന്ന് നിൽക്കും മരുന്നേ ഇല്ലാതെ കാരണം മസ്തിഷ്ക കോശങ്ങളിൽ ഈ അമ്മയുടെ കൈയുടെ ചാലകശക്തി ഉണ്ടാക്കുന്ന വൈദ്യുത സർജനങ്ങൾക്കൊക്കെ അറിയിക്കും ആൽപയിൽ ഗാമയിൽ ബീറ്റയിൽ ഒക്കെ ഇത് വളരെ വിപുലമായ വിഷയമാണ് അതിലേക്ക് പോയാൽ പിന്നെ ഞാൻ തിരിച്ചു വരാൻ ഒരുപാട് നേരെ എടുക്കും അതുകൊണ്ട് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് വളരെ പഥ്യമായ വിഷയങ്ങളിൽ ഒന്നാണത് എന്റെ പദ്യം നോക്കണ്ട അപ്പോൾ ഒരമ്മ എന്തുകൊണ്ടാണ് കുട്ടിയെ കാലിലിരുത്തി മലമൂത്ര വിസർജനം ചെയ്യിപ്പിക്കുന്നത് അമ്മയുടെ തൊക്കിൽ നിന്നുള്ളതായ സംവേഗങ്ങൾ അമ്മയുടെ മനസ്സിൻ്റെ ചിന്തകൾ അമ്മയുടെ മസ്തിഷ്കത്തിൻ്റെ ആവേഗങ്ങൾ വിസർജിക്കൂ എന്ന് കുഞ്ഞിനോട് നിർദ്ദേശിക്കുമ്പോൾ ആ ത്വക്ക് കുഞ്ഞിൻ്റെ പൃഷ്ഠഭാഗത്തെ തൊക്കിൽ മുട്ടുമ്പോൾ ആ സന്ദേശങ്ങൾ ത്വക്കിൽ തൊക്കിലേക്ക് കൈമാറുമ്പോൾ കമ്മോടിനില്ലാത്ത ആ ആവേഗത്തിൽ കുഞ്ഞ് പെട്ടെന്ന് മസ്തിഷ്കത്തിന് നിർദ്ദേശം കൊടുക്കും അമ്മയുടെ ഉദരാന്തരത്തിൽ കിടന്നിരുന്ന ആ കുഞ്ഞിന് ിൽ നിന്ന് കിട്ടുന്ന ആവേഗങ്ങളിലൂടെ അതിന്റെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ചാലകശക്തി അതിന്റെ ഡെഡിക്കേറ്റിംഗ് സെന്ററിൽ ആവേഗം ഉണ്ടാക്കുമ്പോൾ അത് ശീലമായി തീരുമ്പോൾ കുഞ്ഞ് രാവിലെ വിസർജനമുള്ളവനായി തീരുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകാതാവും അടുത്തത് നാല് ദിവസത്തേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പോകാതാവുമ്പോൾ മാരക രോഗങ്ങളും മസ്തിഷ്കത്തിലെ സമ്മർദ്ദവും മസ്തിഷ്കത്തിൽ ശോഭവും ഒട്ടേറെ പ്രശ്നങ്ങളും സങ്കീർണതകളും ആധുനികനുണ്ടാവും ഇപ്പം ജീവിതം തന്നെ ഒരു വൈദ്യശാസ്ത്ര സംബന്ധിയായ നിയാമകത്വത്തിലൂടെ രൂപപ്പെടുത്തി എടുത്ത് അതിലൂടെ ജീവിച്ചു പോകുന്ന ഒരു ജനതയുടെ സംസ്കാരത്തെയാണ് വിദ്യാഭ്യാസവും പഠിപ്പും കൊണ്ട് നിങ്ങൾ നശിപ്പിച്ച് കുത്തുവാളെ എടുപ്പിച്ച് ഈ നിലയിലെത്തിച്ചത് ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നില്ല ഞാൻ പറഞ്ഞതിൽ ശാസ്ത്രം ഏതെങ്കിലും പഴവാണെങ്കിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം നിങ്ങൾ ഇംഗ്ലീഷിൽ ഇതെല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം പരീക്ഷയും എഴുതിയിട്ടുണ്ടാവും എഴുതുമ്പോഴെങ്കിലൊന്നും ആയിരിക്കില്ല എഴുതിയത് കാരണം മലയാളി പഠിക്കാൻ പോയാൽ ഏത് ഇംഗ്ലീഷിൽ പഠിച്ചാലും ആദ്യം അതും മലയാളത്തിൽ തർജ്ജമ ഇതല്ലാതെ അകത്ത് കയറുകയല്ല എന്ന് വിവരമുള്ളവനറിയാം എത്ര സ്പീഡിൽ ഇംഗ്ലീഷ് പഠിച്ച നേടിയാലും ആ സ്പീഡിൽ തർജ്ജമ നടക്കുമെന്നല്ലാതെ മാതൃ കോശങ്ങളിലും കോശാന്തരങ്ങളിലും കിടക്കുന്ന ഭാഷ പിതാവിൻ്റെയും പിതാമകന്റെയും സംസ്കൃതിയുടേതായതുകൊണ്ട് ഒരു തർജ്ജമക്കാരനിലൂടെയല്ലാതെ ഉൾക്കൊള്ളാൻ ഏതായാലും ആവില്ല ഇവിടെയാണ് ഭാഷാന്തരീകരണ പഠനങ്ങൾ ശാസ്ത്രജ്ഞനെ സൃഷ്ടിക്കാതെ ഗുമസ്തനെ സൃഷ്ടിക്കുന്നതിലേക്ക് വളരുന്നത് പറഞ്ഞാൽ മനസ്സിലാവൂല്ലെന്നാ എനിക്ക് തോന്നുന്നു ശരിയാണോ ശരിയാണോ അതുകൊണ്ടാണ് ഈ മലയാളം മീഡിയം കഴിഞ്ഞ് പണ്ട് എം ബി ബി എസിനൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേര് ചിലപ്പോൾ എഴുതി വെക്കുമ്പോൾ എഴുതുന്നത് ഇഫ് ദ പേഷ്യൻറ്റ് ഡസ് നോട്ട് ഡെലിവർ ദ ഡോക്ടർ ഓഫ് ദ ചൈൽഡ് പരീക്ഷ കേന്ദ്രീകരിച്ചിട്ടുള്ളവരുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കാര്യമേന്ന് മാരി പോയര ഇങ്ങനെയൊക്കെ ആവും ദി patient does not take the medicine then it's should take it ഇങ്ങനേയേ പഠിക്കാൻ പറ്റൂ ആวิน್ದ ഉള്ളിലാവു ഇനി ടർമിനോളജി യുടെ പ്രത്യേകത അപ്പോൾ പഠിക്കുമ്പോൾ ഈ കോശത്തിന് ഈ പ്രശ്നമുണ്ട അപ്പോൾ ആ കോശവും കോശവും തമ്മിൽ നടക്കുന്ന ഒരു ഭാഷയ്ക്ക് അതിതമായ കൈങ്കരിയമുണ്ട് അതാണ് നമ്മുടെ വിഷയം കുഞ്ഞിനെ മാറോടണയ്ക്കുമ്പോൾ ഒരു കുഞ്ഞമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു കുഞ്ഞ് കാലിലിരിക്കുമ്പോൾ ഒരു കുഞ്ഞമ്മ കാല് നീട്ടിയിട്ട് ആ കാലുകളിൽ കുഞ്ഞിൻ്റെ കാല് വെച്ച് താക്കുകയും ചെയ്ത് ചാടിക്കളിപ്പിക്കുമ്പോൾ ആ ചാട്ടത്തിൽ അമ്മയുടെ കൈകൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്ന പിടുത്തത്തിൽ മാത്രം ദത്തസദ്ധനായി ഏകാഗ്രനായി വീഴാതിരിക്കുവാൻ ഇതുവരെ നടന്നിട്ടില്ലാത്ത കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ കുഞ്ഞിൽ ആ അമ്മ മൂവ് ചെയ്യുന്ന കോശങ്ങൾ ഏകാഗ്രതയോടെ നിൽക്കുമ്പോൾ ആ ഏകാഗ്രത മസ് മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്ന അമ്മയുടെ ൊക്കിന്റെ കോശങ്ങളിൽ നിന്ന് കുഞ്ഞിന്റെ പാദങ്ങളുടെ കോശങ്ങളിലേക്ക് സംക്രമിച്ചു കോശ കോശാന്തരങ്ങളിലൂടെ ആവേഗങ്ങളായി സമഗ്രമായി മസ്തിഷ്ക പര്യങ്കാതര വരെ എത്തി ആപ്ലാവിതമായി താഴെ കൊഴുകുമ്പോൾ അറിവിന്റെ അന്യൂനങ്ങളായ ലോകങ്ങളെ പുസ്തകത്താളുകളിൽ പഠിച്ചു വയ്ക്കുകയല്ല തൻ്റെ പ്രായോഗിക ജീവിതത്തിന്റെ അന്തരാളങ്ങളിൽ രൂപപ്പെടുത്തുകയായിരുന്നു പൂർവികർ ചെയ്തതെന്ന് തിരിച്ചറിയുവാനുള്ള വിവരമെങ്കിലും ചരിത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും കഴിഞ്ഞില്ലെങ്കിൽ ആംഗലേയ വിദ്യാഭ്യാസത്തിന്റെ പരിമിതിയിൽ തർജ്ജമ ചെയ്യാൻ കഴിയാതെ നിന്നുപോയതാണെന്നെങ്കിലും അറിയേണ്ടതാണ് ബാക്കിയത്തിൻ്റെ നീള കൂടുതല് കുഴപ്പമിയായിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് അന്നിങ്ങനെ ഉണ്ട് അപ്പൊ കോശങ്ങളിലെല്ലാം ഈ ആവേഗങ്ങൾ കിടക്കുന്നുണ്ട് അതുപോലെ കോശങ്ങളിലെല്ലാം അഴിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളുണ്ട് അപ്പൊ എണ്ണ തേപ്പിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ വരുന്ന ചാലനം രണ്ട് ആ എണ്ണ തേപ്പിക്കുമ്പോൾ അത് അയോണീകരിച്ചകത്ത് ചെന്ന് അയോണീകരിച്ച് ആ എണ്ണ അഴുക്കുകളെ വലിച്ചെടുക്കുന്ന പ്രത്യേകത ആ അഴുക്കുകളെ വലിച്ചെടുത്തവ അയോഡീകൃതങ്ങളായി പുറത്തേക്കെത്തി ആ രോമകൂപങ്ങൾ വഴി പുറത്തെത്തി സഭമായി അടിഞ്ഞു കൂടുന്ന രീതി പതിനഞ്ച് കൊല്ലം മുമ്പ് വെറുതെ കാശുകളയാണ് എണ്ണ എന്ന് പറഞ്ഞവരാണ് ആധുനിക വൈദ്യ വിശാരദന്മാർ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്ന് തന്നെ ഒലുവോയിലൊക്കെ വെളിച്ചെണ്ണയും നല്ലെണ്ണയും മോശമാണ് ഒലിവോയിൽ മേടിച്ച് ദേഹത്ത് പരട്ടിയാൽ നല്ലതാണെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അവിടെ പരട്ടുന്ന ഒരുപോയിലായതുകൊണ്ട് അത് നല്ലതാണ് എന്നതിലേക്ക് വളർന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ഏത് നാടിലും എണ്ണക്കൊരുക്കൾ ഉണ്ടാകുന്നത് ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് ആവശ്യമായ പ്രോട്ടീൻ ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് ഇവയെ നൽകുന്നതിന് പര്യാപ്തങ്ങളായ തലങ്ങളിലാണ് അപ്പം അത് നല്ലതുപോലെ പരട്ടി കഴിയുമ്പോൾ ഇത് കയറി പുറത്തേക്ക് ഇറങ്ങുന്ന പ്രക്രിയ അത് ഔഷധങ്ങളിട്ട് കാച്ചിയ എണ്ണകളൊക്കെ ആണെങ്കിൽ വേറെ പ്രത്യേകതയുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അതിന്റെ വേറൊരു തലം അപ്പൊ ചില എണ്ണകൾ വേപ്പിച്ച് പഴയ ആളുകള് കഷത്തില് മാറില് ഒക്കെ കുരുക്കൾ ഉണ്ടായ മരുന്നൊന്നും കഴിക്കാറില്ല വീടുകളിൽ ഉണ്ടാവും അത് അല്പമെടുത്ത് പരട്ടുക മാത്രമാവുക ശ്രദ്ധിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൈവോക്കുക വെറും പഴവെളിച്ചെണ്ണ വേറെ ഒന്നും ചെയ്യാറില്ല ണുന്നൊരു അൻപത് ശതമാനം ബ്രസ്റ്റ് ക്യാൻസറായി ഡെവലപ്പ് ചെയ്യുന്നൊക്കെ അതിൻ്റെ ആരംഭത്തിൽ ഒരല്പം പഴവെളിച്ചെണ്ണ പുരട്ടിയാൽ മതി അതല്ലമാർ പറയും എപ്പോഴെങ്കിലും ഒരു മഴയുണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ട് മോളെ പഴവെളിച്ചെണ്ണ എടുത്തൽപ്പം പറട്ടെ അതങ്ങ് പറ്റും അന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പഴവെളിച്ചെണ്ണ കിട്ടും വീടുകളിൽ ഇല്ലെങ്കിൽ പഴമിട്ട വെളിച്ചെണ്ണയല്ല പഴയ വെളിച്ചെണ്ണ സംശയവിടെ പയ്യായിരത്തി അതിനെ തോണ്ടി ചോദിച്ചു പഴം ഇട്ട വെളിച്ചെണ്ണ ആയിരിക്കും അല്ല എത്ര പഴകുന്നു അത്രയും നെയ്യും അങ്ങനെ നെയ്യ് അകത്ത് കഴിച്ചാല് ഈ മെന്റൽ രോഗങ്ങളൊക്കെ പോകും പഴയത് പുരാണ ഈ മാനസിക രോഗങ്ങളിൽ സ്കീസ്രോഫീനിയ ഉൾപ്പെടെ അതായത് മസ്തിഷ്കത്തിന്റെ കോശങ്ങൾ തകരുന്ന ഒരു രോഗമാണ് സ്കീസ്രോഫീനിയ അത് നമ്മുടെ ഒരിക്കലും റിജുവനേറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന കോശങ്ങൾ ഇപ്പം സംഗതി മാറിയിട്ടുണ്ട് കഴിഞ്ഞ മാസം അമേരിക്കയിൽ മാറ്റം വന്നിട്ടുണ്ട് ആയുർവേദം പണ്ട് പറഞ്ഞപ്പോൾ കളിയാക്കിയിരുന്നു ഇപ്പം ഇനി അത് എഴുതി കഴിയുമ്പോഴേക്ക് ആയുർവേദത്തിൻ്റെ ബിഷപ്പുരന്മാർ ഇത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ ഞങ്ങൾ ശാസ്ത്രമാണ് ഇതുവരെ ചെയ്തതെന്ന് അവര് പറയും പ്രയോജനമൊന്നുമില്ലെങ്കിലും അഭിമാനിക്കുന്നതിൽ കുറവൊന്നുമില്ലല്ലോ ഇവിടുത്തെ കുറെ മതപ്രസംഗക്കാരനും അമ്പലങ്ങളിലൊക്കെ വന്നുകൊണ്ട് കോശം പുനർജനിക്കുമെന്ന് വണ്ടി ചരകൻ പറഞ്ഞതാണ് അത് അന്നും സംഭവിച്ചില്ല എന്നാൽ ചരകൻ പറഞ്ഞതാണ് നമ്മുടെ രോഗിക്ക് കൊടുത്ത് പരീക്ഷിച്ച് റിസൾട്ട് കൊണ്ടൊക്കെ കാണിക്കാമെന്ന് ആയുർവേദക്കാരനും മതപ്രസംഗക്കാരനും ഒക്കെ ഇനി കൊണ്ടുപിടിച്ച് അവിടെ അത് കണ്ടുപിടിച്ചത് കൊണ്ട് എൻ്റെ അപ്പൂപ്പനായി ഇത് കണ്ടുപിടിച്ചതെന്നുള്ള അഭിമാനത്തില് ഒരു ദക്ഷിണ കൂടുതൽ പിടിക്കും അപകടവും കൂടെ കാരണം സംഗമൊക്കെയുള്ള പാർട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അത്ര ഇനി അത് വോട്ട് ചെയ്തായിരിക്കും അടുത്ത ദക്ഷിണ കൂടുതൽ കവറിലിട്ട് വാങ്ങിക്കും ചില കാര്യങ്ങൾ വേരിക്കോസ്റ്റിൽ പോലുള്ളതിന് അത് വിലോമമായി ചെയ്യാം വേരി കോസ്റ്റിലിന് അരക്തം മുകളിലേക്കാണ് കടന്നു പോരേണ്ടത് അതിനെ സഹചരാതി ഏഴാവൃത്തിയൊക്കെ ആ കോശങ്ങളെ ദ്രവിപ്പിച്ച് ഹൃദയത്തിലെത്തിച്ച് ശുദ്ധീകരിച്ച് വീണ്ടും അതിനെ പൂർണമാക്കിക്കൊണ്ടിരുന്നതിന് സഹജരാതി ഏഴാവർത്തി തൈലം തടിച്ച ധമനികളിൽ താഴേന്ന് മുകളിലേക്ക് തടവണം അങ്ങനെ ചിലതിന് അങ്ങനെയാണ് അല്ല ബാക്കിയുള്ളതിനൊക്കെ അനുലോമമായി തടവണം വിലോമമാവല്ല അനുലോമം താഴെ നീരിനൊക്കെ അനുലോമമായി തന്നെ തടവണം നിർബന്ധമാണ് വിലയൊരു ഉർന്നു പോകുള്ളൂ അപ്പോ പ്രാചീനര എണ്ണ തടവി അതിലൂടെ കയറി സഭം പോലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അതിനെ മുഴുവൻ സ്വീകരിച്ച മാലിന്യങ്ങളെ പുറത്തു കൊണ്ടിരും മാത്രവുമല്ല ശരീരം ഒരു ഇളതാവും അതുകൊണ്ടാണ് വിസർജന കാലവും ആദാന കാലവും നോക്കി വേണം ഇത് ചെയ്യാനെന്നൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയത് അത് കാരണം അതിലെ മസ്തിഷ്കം നശിക്കുന്ന കോശങ്ങൾ നശിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിൽ പുരാണഘൃതം കൊടുത്താൽ പഴകിയ നെയ്യ് ൂറ് കൊല്ലം ആയിരം കൊല്ലമൊക്കെ പഴകിയ നെയ്യുണ്ട് പഴയ തറവാടുകളിൽ പഴകിയ നെയ്യൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ആ പഴകിയ നെയ്യ് വളരെ വാല്യുബിളാണ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റം വരും അപ്പം പഴകിയ എണ്ണ ആണ് ട്യൂമറുകളിൽ ഉപയോഗിച്ചിരുന്നത് ഇന്ന് കാണുന്ന അർബുദ രോഗങ്ങളിൽ പലതും ആ കാലങ്ങളിൽ അത് ഗ്രന്ഥിയായിരിക്കുമ്പോൾ ഗ്രന്ഥി അർബുദം വിസർപ്പം പിടക ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ആകൃതങ്ങളൊക്കെ പഴകിയത് കഴിക്കുമ്പോഴീ മാനസിക തലത്തിലും കൂടെ മാറ്റം വരും നെയ്യ് ആയുസിനു നല്ലതാണ് ഹിതമാണോ ഒരു കുഴപ്പമില്ല നല്ലൊരു അടച്ചൊക്കെ വെച്ചതാണ് പാറ്റ കയറിയില്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലും അല്ലെങ്കിൽ അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ഗ്രാമ്പൂ വാങ്ങിക്ക പൊടിക്കുക ഇന്ന് തന്നെ ഒരു നൂറ് ഗ്രാം ഗ്രാമ്പൂ പൊടിച്ച് പ്ലാസ്റ്റിക്കിനകത്തിട്ട് അവിടെ അടച്ചു കൊടുക്കുക ഗ്രാമ്പു മിക്കവാറും ആയുർവേദ ചേരുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഗ്രാമ്പൂ കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങിച്ച് നല്ല വെള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ കറപ്പ് വേണ്ട നല്ല കട്ടിയുള്ള ഞെക്കിയ ഞെങ്ങുകയില്ലാത്ത നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലെ ഗ്രാമ്പൂ ഇട്ട് അടച്ചവിടെ വയ്ക്കുക ഒരു പത്തറുപത് ദിവസം കഴിഞ്ഞിട്ട് പതുക്കെ എടുത്തു നോക്കുക ആ പ്ലാസ്റ്റിക്കിൻ്റെ സ്വഭാവം മാറിയോന്നറിയാം സ്വഭാവം മാറിയെങ്കിൽ അതിൻ്റെ ഏതെല്ലാം കണ്ടൻറ്റുകൾ ഈ ഗ്രാംപൂവിനെ അഫക്റ്റ് ചെയ്തുവെന്നും ഗ്രാംപൂ എങ്ങനെ മാറിയെന്നും നോക്കുക അങ്ങനെയാണെങ്കിൽ ഈ മരുന്നുകൾ അതിനകത്ത് നിരന്തരമായി ഇരിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രക്രിയകളും ഉണ്ടാകുമെന്ന് ചിന്തിക്കുക അതാണല്ലോ എളുപ്പവഴി എൻ്റെ അറിയിൽ ഗ്രാമ്പുവും ഗ്രാമ്പൂവിൻ്റെ ഓയിലും പ്ലാസ്റ്റിക്കിനെ റബ്ബറൈസ് പോലാകും അതൊരു പേച്ചന്റ് വേണേൽ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം ഞാൻ എടുത്തിട്ടില്ല കളിയായിട്ട് പറഞ്ഞല്ല പ്ലാസ്റ്റിക് റബ്ബർ പോലായി കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങളുള്ള പുതിയ റിസർച്ചിന് പ്രയോജനപ്പെടുന്നതാണ് ഇതുവരെ ആരും ആ വഴിയിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടോ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് റബ്ബർ പോലാകും നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുള്ള എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ ആ വഴിക്ക് നീങ്ങുന്നവർക്ക് വേണമെങ്കിൽ റബ്ബർ ടെക്ന പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ പുതിയൊരു പന്ധാവ് തുറക്കാൻ അത് സഹായകമോ വീട്ടിൽ പോയി നോക്കിക്കോളൂ കാശൊന്നും തരിക ഞാൻ കളിയായിട്ട് പറഞ്ഞതല്ല ഡാംബൂവിൻ്റെ എണ്ണ അത് ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒഴിച്ചു വെച്ചാൽ മതി അപ്പൊ അറിയാം എത്ര മാറുന്നു എന്റെ സ്വഭാവം എങ്ങനെയൊക്കെ മാറുന്നു എന്നപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും അതുകൊണ്ട് പറഞ്ഞ അതുകൊണ്ട് പഴകിയാൽ കുപ്പി ആ കാരണം കുഴപ്പമില്ലാന്നു കാര്യം വടക്കുനാഥനിലെ നെയ്യ് ആയിരം കൊല്ലം രണ്ടായിരം കൊല്ലമൊക്കെ പഴക്കം കാണും മുഴുവൻ ഭാഗമല്ല മോളിലെ ഭാഗത്തിന് കാണുകയല്ല അടിയിലൊക്കെ കാണാം മലയ്ക്കൊക്കെ കാണാം അതൊക്കെ നല്ല കച്ചവടക്കാരായ മുസ്ലിങ്ങൾ ശാന്തിക്കാരനും തന്ത്രിക്കും കമ്മിറ്റി പ്രസിഡന്റിനും കാശ് കൊടുത്തത് അതിനകത്ത് ആയുർവേദ കമ്പനികൾക്ക് വലിയ വിലയ്ക്ക് കൊണ്ട് കൊടുക്കും അവരത് വാങ്ങിച്ച് പുരാണ കൃതം എന്ന് പറഞ്ഞുണ്ടാക്കും തുടങ്ങിയില്ല അതിനകത്ത് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ഗുണമുണ്ട് കാരണം അതിനകത്ത് ഈ പാമ്പ് പോയി കാണും മറ്റേ ഈ സ്വർണ്ണം കൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും അതൊരുക്കിയാൽ വേറെ കാശും കിട്ടും ഇതിനൊരു നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി ദക്ഷണയാണെങ്കിൽ അമ്പത് മണിയാവും അത് വലിയ മല പോലുള്ളതാണ് സാധനം നെയ്യ് കട്ടിയായിരിക്കുന്നതാണ് നിങ്ങളിരുന്നാലും കുറച്ചൊക്കെ കിട്ടും പക്ഷേ അങ്ങനെ എടുത്ത് കൊടുക്കാൻ പാടില്ലെന്നാണ് നിയമം എല്ലാ സാധനവും നിയമപരമായി സുതാര്യമായി കൊടുക്കുന്നത് ഇന്ത്യയിൽ തടഞ്ഞിട്ടുണ്ട് എല്ലാ സാധനങ്ങളും സുതാര്യമല്ലാതെ കൊടുക്കാൻ ഇന്ത്യയിൽ ഇഷ്ടംപോലെ വാതായനങ്ങളുണ്ട് കഞ്ചാവ് ഇന്ത്യയിൽ സുതാര്യമായി കച്ചവടമില്ല മരുന്നുകടകളിൽ പോലുമില്ല ഇന്ന് കാണുന്ന പല രോഗങ്ങളും പ്രത്യേകിച്ച് ക്യാൻസറും മറ്റും ചാതുർജാതം പോലുള്ള രസായനങ്ങൾ ഇന്ന് കാണുന്ന ബുദ്ധിമാന്തിമൊക്കെ ചാതുർജാതം കൊണ്ട് മാറുന്നതാണ് അതിലെ മെയിൻ കണ്ടന്റ് കഞ്ചാവോം ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് കഞ്ചാവോം അത് ഇന്ത്യയിൽ വാങ്ങാനാവില്ല കാണുന്ന പ്രമേഹം മുഴുവൻ നിയന്ത്രിക്കാൻ ഒറ്റ കഷായം മതി അത് കറുപ്പ് ഉയർന്നതാണ് സ്ഥിരമായി കഴിക്കുകയും വേണ്ട കറുപ്പ് ശുദ്ധീകരിച്ച് ഒരിക്കൽ മാറിയാൽ പിന്നെ വരില്ല പക്ഷെ കറുപ്പ് അനുവദനീയമല്ല ആയുർവേദത്തിൽ ഉപയോഗിക്കുമ്പോൾ കടുപ്പോ കഞ്ചാവോ ഇവയൊക്കെ അനുവദനീയമല്ലെന്നും നെലിച്ച് ഈ സാധനം എല്ലാം മാർക്കറ്റിൽ സുലഭമാണ് അടിച്ചു നശിക്കാൻ ഇന്ത്യ വ്യാവസായിക അടിസ്ഥാനത്തിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും അത് ഇങ്ങനെയുള്ള തലങ്ങളിൽ ഗവൺമെൻറ് ഉടമയിൽ മരുന്നുണ്ടാക്കുകയും അത് വിദേശ രാജ്യങ്ങളിൽ പോലും പരീക്ഷണാർത്ഥം കയറ്റി അയക്കുകയും ചെയ്താൽ ഇന്ത്യക്ക് ഈ പിച്ചച്ചട്ടിയുമായി പോയി നടക്കേണ്ട കാര്യം തന്നെ അതിന് നിങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്നവർ ഇവരുള്ളവർ നമ്മുടെ വിഷയം ഒരുപാട് മാറും നമ്മളുടെ വിഷയം ഒരുപാട് മാറും അപ്പോൾ കുറച്ചും അപ്പോൾ ആ വിവേചനത്തിലൂടെ ഇപ്പോൾ ഡെഫിക്കേറ്റിങ് സെൻ്ററിലൊരു സന്ദേശം കിട്ടിയാൽ അപ്പോൾ വിവേചനം ഉണ്ടാകും അപ്പോൾ ആ വിവേചനത്തിന് മുമ്പ് ഈ എണ്ണയെല്ലാം തീപ്പിച്ച് അകത്തെത്തി സഭമെല്ലാം ഇളക്കി പുറത്തേക്ക് കൊണ്ടിരിക്കുകയും അത് സ്നേഹപാനമുണ്ട് അതിനാണ് സ്നേഹനത്തിന് രണ്ട് ഭാഗമാണ് ബാഹ്യം ആഭ്യന്തരം ബാഹ്യമാണ് ആഭ്യങ്കമെന്ന് പറയുന്നത് ആഭ്യന്തരമാണ് സ്നേഹപാനം എന്ന് പറയുന്നത് അതിന് വിദ്യാമ്പണ്ണം കാച്ചിയ നെയ്യ് കുടിപ്പിക്കുകയാണ് അത് കുടിച്ചു കഴിയുമ്പോൾ അത് എല്ലാ മാലിന്യങ്ങളെയും സ്വീകരിച്ച് കോഷ്ടത്തിലെത്തും എത്തിക്കഴിഞ്ഞാൽ വിവേചനദ്രവ്യം കൊടുത്തു കഴിയുമ്പോൾ വയറിളകും അപ്പം ഈ മാലിന്യം മുഴുവൻ പുറത്തു ഇതാണ് ആ പഞ്ചകർമ്മയിലെ വിവേചന ക്രിയയിൽ ചെയ്യുന്നത് അത് ഡിഫിക്കേറ്റിൻ സെൻ്റർ ആണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെറുകുടൽ നല്ലൊരു വിസർജന അവയവമാണ് അപ്പോൾ ആ ചെറുകുടൽ ഈ വിസർജനം മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ അതിനകത്തെയും പുറത്തു പോകും ഒട്ടേറെ സാധനങ്ങൾ അവയെല്ലാം ഒരുപാട് കെമിക്കലുകൾ ഒരുപാട് ബാക്ടീരിയകൾ ഒരുപാട് ബാക്ടീരിയയുടെ അവശിഷ്ടങ്ങൾ ഒരുപാട് മാലിന്യങ്ങൾ ഇതൊക്കെ പുറത്ത് പോകും ഇങ്ങനെ അല്ലാതെ നമ്മളുടെ ഭക്ഷണത്തിലൂടെ കലർന്ന മാലിന്യങ്ങളും വിഷങ്ങളും കളയാൻ കൂളത്തിലേക്ക് കുറച്ച് കഴിവുണ്ട് ആനച്ചുവടിക്ക് കുറച്ച് കഴിവുണ്ട് മുള്ളൻ പൂർണ്ണമായ കഴിവുണ്ട് അതുകൊണ്ട് ആധുനികർക്കുണ്ടാകുന്ന രോഗങ്ങൾ പലതും ആരെയും കാണാതെ വീട്ടിലിരുന്ന് മുള്ളൻചീരയുടെ നീര് കഴിച്ചാൽ പോവും രാവിലെയും വൈകുന്നേരവും കഴിച്ചാൽ കുറച്ചേളം കഴിച്ചോളൂ അന്നേരം മനസ്സിലാകും കാരണം രോഗം പോകുന്നത് കാണാം നമുക്ക് ബോധ്യമാവും കോശ കോശാന്തരങ്ങളിൽ വരെ കടന്നു ചെന്ന് ഈ മാലിന്യങ്ങളെ കളയുന്നതിൽ ആ കീരയ്ക്കുള്ള കഴിവ് മുള്ളൻ കീര കണ്ടിട്ടുണ്ടോയെന്നില്ല വഴിയേരിയിലൊന്നും നട്ടുപിടിപ്പിക്കാറൊന്നുമില്ല ഏ ആകാശത്തേ ഇത് വളരെ ഔഷധ വീര്യമുള്ള ഒരു സാധനമാണ് മനുഷ്യന്റെ ഉള്ളിൽ കടന്നു ചെന്നിട്ടുള്ള വിഷങ്ങളെ കളയുന്നതിൽ ഏറ്റവും വലിയ സേവനമനുഷ്ഠിക്കുന്ന സാധനങ്ങളിലൊന്നാണ് മുള്ളൻകിര ഇന്ന് കാണുന്ന പല രോഗങ്ങൾക്കും മരുന്നൊന്നും അതി അതുകൊണ്ട് വളരെ സമർഥന്മാരായ വൈദ്യന്മാർ മുള്ളൻകിരയുടെ നീരിലുണ്ടാക്കുന്ന കൽപ്പങ്ങളുണ്ട് മുള്ളുണ്ട് നല്ലൊരു കറ്റിയുള്ള മുള്ളുണ്ട് പഴിരി ഉണ്ട് പഴിരി എന്നാണ് പറിക്കുന്നതെങ്കിൽ അതിന് രണ്ടു ഗുണമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാനന്റെ മൂത്രവും അതിലുണ്ടാവും ശാനനെ മുള്ളൻ കീര കണ്ടു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങടെ രാഷ്ട്രീയക്കാരുടെ കൂട്ടാണ് അപ്പൊ അതുകൊണ്ട് ഏഹ് അത് വളരെ കൂടുതൽ പിടിക്കും പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കും അതിന്റെ അരി വീണ് വളരെ വേഗത്തിൽ കിളിക്കുന്ന അത് അത് നോക്കി കണ്ടെടുത്താൽ ചാരം ഇട്ടു കൊടുത്താൽ മതി ചാരം വേഗം പൂക്കും അല്ലെങ്കിൽ ഗോമൂത്രം തളിച്ചാൽ അവ പൂക്കില്ല ഗോമൂത്രവും വെള്ളം ഒഴിച്ചാൽ ചീര പൂക്കില്ല ചീര പൂക്കണംന്ന് നിർബന്ധം ആകുമ്പോൾ ഒരല്പം ചാരം ചൂടിട്ട് കൊടുത്താൽ മതി പിറ്റേ ദിവസം രാവിലത്തേക്ക് പൂക്കും അതിന്റെ തണ്ട് കെട്ടിയാകുന്നതിന് ചാരം ഇട്ടുകൊടുത്താൽ പിന്നെ അത് തണ്ട് കട്ടിയാകാൻ ചാരമിട്ട് കൊടുത്താൽ മതിയെങ്കിൽ തണ്ട് ഇളതാകാൻ ഇന്ന് ചാരമിട്ടുകൊടുത്ത് കട്ടിയായ തണ്ട് പോലും ഇളതാകാൻ നാല് ദിവസം അടിപ്പിച്ച് ഒഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അറിയില്ല കൃഷിയും വെറും ഗോമൂത്രം ഒഴിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ അതിൻ്റെ തണ്ട് ഇളതാവും അപ്പോൾ ആ തണ്ട് തിന്നാൻ പറ്റും നമുക്ക് തിന്നാൻ പറ്റും അതായത് അതിൻ്റെ അത് അല്പം പോലും കട്ടിയുള്ള നാടുണ്ടാവില്ല അതാണതിൻ്റെ പ്രത്യേകത കൂളത്തല കുറച്ച് മാലിന്യങ്ങളെ പുറത്തു കളയും ആനച്ചുവടി കുറച്ച് മാലിന്യങ്ങളെ പുറത്തു കളയും നീലയാമരി കുറച്ച് മാലിന്യങ്ങളെ പുറത്തു കളയും അങ്ങനെ കുറേ ഔഷധങ്ങളുണ്ട് കുറേ വിഷങ്ങളെയും മാലിന്യങ്ങളെയും കളയുന്ന കുറേ ഔഷധങ്ങളുണ്ട് മറ്റേ ഇത് എന്താ പേര് ആവര ഒരു മഞ്ഞപ്പൂവുള്ള തകരാ പൊന്നാം തകര പൊന്നാവീരം അത് കുറച്ച് മാലിന്യങ്ങളെ പുറത്തു കളയും ആ പിന്നെ വിഷങ്ങളിലൊക്കെ വളരെ വലുതാണ് തകരയല്ല പൊന്നാവീരം പൊന്നാം തകര പൊൻതകര എന്ന് പറയും തകരയിൽ തന്നെ വേറൊരു വർഗമാണ് നീലത്തണ്ടുള്ള നീലത്തണ്ടുള്ള കായുള്ള ഇലയുടെ തണ്ടിൽ നീല നിറം ഉള്ളതാണ് എന്ന് പറയുന്നത് മറ്റേത് തകര പച്ച നിറം തകരയും പക്ഷെ പൊന്നാം തകരയ്ക്ക് കൂടുതൽ ശക്തിയുണ്ട് പ്രകൃഷത്തിനൊക്കെ ഉപയോഗിക്കുന്ന എന്നാൽ അതിനേക്കാൾ എല്ലാം വീര്യമുള്ള ശരീരത്തില് അന്നരസജമായി കടന്നുകൂടുന്ന എല്ലാ വിഷയങ്ങളെയും വൈ വിഷങ്ങളെയും വൈദിക കാലം മുതൽ കളഞ്ഞു ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് മുളജീര അതുകൊണ്ട് പല രോഗങ്ങളും ഇന്നീ മരുന്ന് കഴിച്ചുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ കാണുന്ന മരുന്നെല്ലാം മേടിച്ച് കഴിക്കും അതൊക്കെ ശരീരത്തിലെ കോശകോശാന്തരങ്ങളിൽ വിഷങ്ങളെ അടിയിപ്പിക്കും കഴിക്കുന്ന ഒന്നും കളയാൻ പറ്റില്ല കഴിക്കുന്നത് മാത്രമല്ല ഒരുപാട് ഇഞ്ചക്ഷനുകൾ എടുക്കും ഒക്കെ ഡയറക്റ്റ് ബ്ലഡിലാണ് ഔഷധങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാം ആധുനിക ഔഷധത്തിനപ്പുറം രക്തധമനികളുടെ ചിത്രം എടുക്കുന്നതിനും എല്ലിന്റെ ചിത്രം എടുക്കുന്നതിനും ഒക്കെ വേണ്ടി ഡൈകളും മറ്റും ശരീരത്തിൽ കയറ്റും